ഭക്തി ശുദ്ധമായ ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ അനുഭവമാണ് ഭക്തി ഭക്തി തന്നെ ഭഗവാന്റെ സ്വരൂപമാണ് ഭഗവത്ഗീതയിൽ ഭക്തിക്ക് ഉള്ള വ്യാഖ്യാനം പ്രപത്തിയാണ് ശരണാഗതിയാണ് മാമേക്കം ശരണം രജ എന്നുള്ളതാണ് ഭക്തി അന്യാശ്രയാണാം ത്യാഗ എന്ന് നാരദ മഹർഷി ഭക്തിസൂത്രത്തിൽ പറയുന്നു ബാക്കിയുള്ള ആശ്രയമൊക്കെ വിട്ടുകഴിഞ്ഞാൽ അനിത്യവസ്തുക്കളെയോ അനിത്യവ്യക്തികളെയോ ആശ്രയിക്കാതെ ആശ്രയിക്കാതെ വിട്ടുകഴിഞ്ഞാൽ തന്നെ മനസ്സിന് ആശ്രയമില്ലെങ്കിൽ മനസ്സ് നിൽക്കില്ല ഭഗവതാശ്രയം നമുക്ക് സഹജമാണ് ഭഗവത് സംബന്ധം നമുക്ക് സഹജമാണ് അവിടെ നിത്യയോഗം നമുക്കെപ്പോഴും ഉണ്ട് ഭഗവാൻ നമ്മളുടെ സ്വരൂപമാണ് പക്ഷേ ത്രിഗുണമയമായ മായയെ സത്വം രജസ് തമസ് എന്നുള്ള ഗുണരൂപമായ മായയെ കടക്കണമെങ്കിൽ മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിത്തെ മുൻപ് പറഞ്ഞു കഴിഞ്ഞതാണ് ഏഴാം അധ്യായത്തിൽ ആര് ശരണാഗതി ചെയ്യുന്നു അവര് മായയെ തരണം ചെയ്യുന്നു മായയെ തരണം ചെയ്യാം പ്രവൃത്തിയാണ് വഴി ശരണാഗതി ചെയ്യണമെങ്കിലോ നമ്മളിൽ ദൈന്യഭാവവും ഭഗവാനിൽ സർവശക്തിത്വവും ദർശിക്കുകയും വേണം ദ്വൈതഭാവത്തിലാണ് പരിണത് പ്രഭുസ്ത്വം ദീനാനം ഖലു पशुपते, പരമബന്ധു പശുപത്തെ പ്രമുഖ്യോഹം താ ബന്ധു നോ ത്യൈ ക്ഷധാ പ്രയത്നത്കർത്തമുസി പ്രഭുസ്ത്വം ദീനാനാം ഖലു അവിടുന്ന് ദീനന്മാർക്ക് പ്രഭുവാണ് ഞാനോ ദീനന്മാരിൽ ഏറ്റവും പ്രബലനാണ് എന്നുവെച്ചാൽ എന്നിൽ അത്ര കണ്ട് ദൈന്യമുണ്ട് ദൈന്യത്തിന്റെ ലക്ഷണമെന്താ ജീവൻ സ്വയമേവ മായയെ തരണം ചെയ്യാൻ ശക്തനല്ലാതായിട്ടിട്ടീർന്നു എന്തുകൊണ്ട് ശക്തനല്ലാതായി തീരുന്നു എന്ന് വെച്ചാൽ ഈ തരണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ജീവൻ തന്നെ മായയുടെ സന്താനമാണ് ആ ജീവാഹന്ത ഇല്ലാതായാലേ തരണം ഉണ്ടാവുകയുള്ളൂ പ്രഭുസ്വം ദീനാനം ഖലു പരമബന്ധു പശുപത്തെ പ്രമുഖ്യോഹം തേം അപ്പി കിമുതന്ധുത്വമനയോ ൈന്തവ്യപരാധാശ സകലാ പ്രയത്നത്കർത്ത്യം മദവനമി ബന്ധുസി മാഗസ് ത്വമതോ ഗിരിശഭോ മയേ വാസം കൂരു സ്വാമി ആദിഗിരാമഗമന കാസീമാന്തേ വർത്തേ ബഹുധാ മതജുഷ മാത്സര്യമോഹയ താൻ ഹൃഗയാ വിനോദരുചിത ലാഭം ചാ ബുദ്ധിസ്ഥി ഭര പാദപത്മസക്തൂ വിരഹിണീവ സദാ സ്മരന്തീ സദ്ഭാവനസ്മരണദർശനകീർത്ത സമ്മോഹിതവ ശിവമന്ത്രജപേനവിന്ദി ആചാര്യസ്വാമികളുടെ ശിവാനന്ദലഹരിയിലെ സ്തോത്രങ്ങളാണ് അവിടുന്ന് ഭഗവാന്റെ കൃപ കൊണ്ട് ജീവൻ മായേ തരണം ചെയ്യുന്നു അസാരേ സംസാരേ സംസാരത്തിലെ സാരമൊന്നുമില്ല ുള്ളത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്നുള്ളതാണ് നിജ ഭജനദൂരേ ആത്മാനുഭവത്തിൽ നിന്നും വളരെ ദൂരത്തിലായിരിക്കുന്നു ഈ ജീവൻ സംസാരം എന്നുവെച്ചാൽ ഈ സത്വഗുണം രജോ ഗുണം ഇതാണ് സംസാരം ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടുവന്നുവല്ലോ അത് സംസാരമാണ് മലയാളത്തിൽ ആരോ നല്ല വിവരമുള്ള ആളാണ് വർത്തമാനം പറയണതിന് സംസാരിക്കുക എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് സംസാരിച്ചാൽ ത്രിഗുണങ്ങളിൽ പെട്ടുപോകും വാചോദിതം തത് അണർത്തം മനസാധ്യാത്തമേവ ഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞു വായ പറഞ്ഞാൽ കള്ളായി പോകൂ അത്ര സംസാരി ആത്മവിചാരത്തിൽ നിന്നും ആത്മധ്യാനത്തിൽ നിന്നും വളരെ ദൂരെ നിജഭജന ദൂരേം ജഡധിയാ ഭ്രമന്തം ഞാൻ കിടന്ന് വട്ടം കറങ്ങാണ് ഭഗവാനെ കാരണം എന്താ ജഡധധിയാ മനസ്സിന് ജഡപദാർത്ഥങ്ങളോടാണ് സംബന്ധം ജഡവസ്തുക്കളെ സങ്കല്പിക്കുന്നതിലാണ് മനസ്സിന് രുചി ജഡധധിയാ ഭ്രമന്തം മാം അന്ധം ഞാനൊരു കുരുടൻ അന്ധനാണ് കണ്ണുകാണാൻ വയ്യ എന്നാൽ ഈ ലോകത്തിൽ കണ്ണു കാണുന്നവരെ ആരെങ്കിലുമൊക്കെ കിട്ടണ്ടോ എന്ന് വെച്ചാൽ കണ്ണു തുറന്നു നോക്കിയാൽ കുരുടന്മാരുടെ ഒരു ഘോഷയാത്രയാണ് കാണുന്നത് എന്ന് അന്ധപരമ്പരേയും സംസാര സരണിഹി എന്നാണ് അന്ധപരമ്പരേയും സംസാര വാക്കാണ് ഭാഗവതത്തിലും ഇതേ വാക്കു വരുന്നു അന്ധപരമ്പരാസാര സരണി എവിടെ നോക്കിയാലും കണ്ണു കാണാൻ വയ്യാത്തവരെ കണ്ണു കാണാൻ വയ്യാത്തവരെ അനുസരിച്ചു കൊണ്ട് പോകുന്ന ഒരു വലിയൊരു കൂട്ടം ഇതിനകത്ത് പെട്ടിട്ട് പുറത്തെങ്ങനെ പോകണമൊന്നും ഒരു പിടിയില്ല ജഡധിയാ ഭ്രമന്തം മാമന്ധം ഇപ്പൊ രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടെങ്കിൽ പരമകൃപയാതും ഉചിതം എന്നെ രക്ഷിക്കാൻ വല്ല വകുപ്പ് എന്തെങ്കിലും വല്ല വകുപ്പുണ്ടെങ്കിൽ അനുകമ്പ എന്നുള്ള ഒരു വകുപ്പേ ഇപ്പൊ കാണാനുള്ളൂ പരമകൃപയാതും ഉചിതം അപൂർവമായ ഒരു സിദ്ധാന്തമാണ് കൃപ എന്ന് പറയുന്നത് വേദാന്തം സ്വാനുഭവ വേദാന്തമാവണമെങ്കിൽ ഭക്തിയോടുകൂടെയാണ് മഹാത്മാക്കളൊക്കെ വന്നിരിക്കണത് നമ്മളുടെ അന്തര്യാമിയെ തന്നെ നമ്മൾ ഏതൊന്നിനെ ആത്മാവായി സാക്ഷാത്കരിക്കാൻ പോകുന്നു ആ അന്തര്യാമിയെ തന്നെ ഭഗവത് സ്വരൂപമായി കരുതി സാധനാദശയിൽ ഉപാസിക്കുകയും ധ്യാനിക്കുകയും നിത്യനിരന്തരം സംബന്ധം പുലർത്തുകയും ചെയ്യുന്ന ജീവാഹന്ത തനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയും കാണാതെ സത്യസാക്ഷാത്കാരത്തിന് ഒരു മാർഗവും കാണാതെ ഈ ജീവാഹന്ത ശ്രയിച്ചു നിന്നിരിക്കുന്നതായ അന്തര്യാമിയെ ഭഗവത് സ്വരൂപമായി കരുതി കരഞ്ഞു വിളിക്കുമ്പോൾ അന്തര്യാമി ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും ഭാവത്തിൽ ഈ ജീവാഹന്തിയെ അകമയിൽ നിന്നും വിഴുങ്ങിക്കളയും എടുത്തു വിഴുങ്ങിക്കളയും അകമയെന്ന് എന്നുവെച്ചാൽ വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ അകമയെന്ന് തന്നെ അഹങ്കാരത്തിന്റെ ശമനത്തിനെ നമ്മൾ കാണും സ്വയം ഇല്ലാതാവുക വലിയ യോഗികളൊക്കെ മിസ്റ്റേക്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോ തന്നെ മരണത്തിനെ കാണുക എന്നാണ് ശരീരം ജീവിച്ചിരിക്കുമ്പോ തന്നെ ഉള്ളിലൊരു ജീവാഹന്ത ഇല്ലാതാവുന്നതിൻ്റെ അനുഭവം ജീവാഹന്ത ഇല്ലാതാവുന്നത് കൊണ്ട് ഒന്നും നഷ്ടമാവുന്നില്ല ജനന മരണങ്ങളാണ് നമുക്ക് നഷ്ടമാവുന്നത് പിന്നെ ജനനവുമില്ല മരണവുമില്ല പിറപ്പും ഇറപ്പും നിത്യമായ സത്യമാണ് ഭഗവാന്റെ സ്വരൂപം അവിടെ സത്വഗുണമോ രജോ ഗുണമോ തമോ ഗുണമോ ഒന്നും തന്നെ അവിടെ ബാധിക്കണില്ല ബുദ്ധിസ്ഥിരാഭവിതും ഈശ്വരപാദപത്മസക്ത വധു വിരഹിണി വസദാസ്മരന്തി ഒരു വിരഹിണിയായ വധു വരനെ സ്മരിക്കുന്ന പോലെ നിത്യനിരന്തരം അതൊക്കെ ഒരു ബാഹ്യ ഉപമയാണ് എങ്കിലും ആ ഉപമയെ ആശ്രയിച്ചുകൊണ്ട് തന്നെ പറയാ നിത്യനിരന്തരമായ ഭഗവത് സ്മൃതി ബോധജന്യസ്മൃതി ബുദ്ധിജന്യസ്മൃതിയല്ല ക്രിയാജന്യസ്മൃതിയല്ല ബോധജന്യസ്മൃതി ഒരിക്കൽ ഉണ്ടായാൽ വിട്ടുപോകില്ല ഒരിക്കൽ ഉള്ളിൽ ഉണർന്നു കഴിഞ്ഞാൽ വിട്ടുപോകില്ല നിത്യനിരന്തരമായി സരളമായി ഉള്ള ഭഗവത്സ്മരണം ഉള്ളിലുണ്ടായാൽ ആ സ്മരണമാണ് ഭഗവാനെ ആശ്രയിക്കാനുള്ള ആദ്യ പടി സ്മരണം ചെയ്ത് പതുക്കെ പതുക്കെ റബ്ബർ കൊണ്ട് കടലാസിലെഴുതിയ അക്ഷരങ്ങളൊക്കെ മാച്ചുകൊണ്ടേയിരിക്കുന്നു കുറേ ദിവസം മാച്ചു കഴിഞ്ഞാൽ എന്താവും നമ്മൾ മായുന്ന അക്ഷരങ്ങളിലാണ് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ കാണാം മായ്ക്കുന്ന റബ്ബർ അവിടെ ഇല്ലാതാവും അതേപോലെ ഭക്തി ചെയ്യുന്ന ഭക്തൻ ഭഗവത് അനുഭവത്തിൽ തന്നെ ഇല്ലാതാക്കി തീർക്കുകയാണ് ഭഗവാൻ മാത്രമേ ഉള്ളൂ അവിടെ സാധകനുമില്ല സാധനയുമില്ല സാധ്യം മാത്രം നിൽക്കും അവിടെ ഈശ്വരൻ ഭഗവത് സ്വരൂപം മാത്രം നിൽക്കും അവിടെ ഗുണങ്ങളൊന്നും ആ ബന്ധ ഭക്തനെ ബന്ധിക്കില്ല ഗുണങ്ങൾക്കൊക്കെ അപ്പുറമുള്ളതാണ് ആ സ്ഥിതി സത്വഗുണമോ രജോ ഗുണമോ തമോ ഗുണമോ കടന്നു ഭക്തി സാത്വിക ഭക്തി രാജസഭക്തി താമസഭക്തി എന്നും നിർഗുണഭക്തി എന്നും ഭാഗവതത്തിൽ കപിലോപാഖ്യാനത്തിൽ കപിലഭഗവാൻ ഭക്തിയെ നാല് വിധത്തിൽ പറയും താമസഭക്തിയും രാജസഭക്തിയും ഒക്കെ നമുക്ക് കാണാം താമസഭക്തി മലയാളത്തിൽ പറഞ്ഞാൽ താമസമുള്ള ഭക്തിയാണ് അപ്പൊ അതൊക്കെ ഇവിടെ അത് ആരോടെങ്കിലും ദ്വേഷം ഉണ്ടെങ്കിൽ അതൊക്കെ ഭഗവാനോട് പറയും ദ്വേഷമൊക്കെ ഉള്ള ഭക്തിയാണത് സംരംഭി ഭിന്നതൃഭാവം മൈകുര്യാ സ താമസ അവന് വേറെ ഞാൻ വേറെ രാജസഭക്തി വ്യാപാര ഭക്തിയാണ് സാത്വിക ഭക്തി കർമ്മനിർഹാരമുദ്ദേശ്യ കർമ്മബന്ധങ്ങളൊക്കെ വിട്ടുപോകണമെന്നും തനിക്ക് മുക്തി കിട്ടണമെന്നും ആഗ്രഹമുണ്ട് നിർഗുണഭക്തി എന്നൊന്നും ഉണ്ട് അതിൽ യാതൊരാഗ്രഹവുമില്ല എന്തെങ്കിലും ആഗ്രഹിച്ചാൽ സത്വഗുണത്തിനോടോ രജോ ഗുണത്തിനോടോ ബന്ധപ്പെട്ടു പോകും ആഗ്രഹത്തിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് താമസിക ആഗ്രഹമാണെങ്കിൽ തമോ ഗുണം രാജസിക ആഗ്രഹമാണെങ്കിൽ രജോഗുണം സാത്വിക ആഹാര ആഗ്രഹമാണെങ്കിൽ സത്വഗുണത്തിൽ ബന്ധപ്പെടും ആർക്കും ഒരാഗ്രഹവും അവൻ ഇവിടെ തന്നെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ നിർഗുണമായ ഭക്തനാണ് അവൻ എന്നാണ് മദ്ഗുണശ്രുതിമാത്രേണ് മൈ സർവ്യ ഗുഹാശയേ മനോഗതി അവിഛന്ന യഥാഗംഗർ ഹ്യുദാഹൃതം നിർഗുണഭക്തി എന്നാണ് എന്നുവെച്ചാൽ അവിടെ ആ ഭക്തന് മാനസിക വികാരങ്ങൾ ഒന്നും ഉണ്ടാവുന്നില്ല അയാൾക്ക് യാതൊന്നും വേണ്ട ഭഗവാന്റെ അടുത്ത സായുജ്യവും അയാൾ ചോദിക്കുന്നില്ല ഒന്നും വേണ്ട എന്നുള്ള പക്ഷാക്കാരനാണവൻ ഭക്തന്മാരൊക്കെ അങ്ങനെ പാടിയിട്ടുണ്ട് ഭാഗവതത്തിൽ വൃത്രൻ പറഞ്ഞു ന നാഗപൃഷ്ടം ന ച പാരമേഷ്ട്യം നാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധിഹി അപുനർഭവം വ സമഞ്ജസത്വാവിരഹയ്യകാംക്ഷേ എനിക്ക് സ്വർഗം വേണ്ട ബ്രഹ്മാവിന്റെ പദം വേണ്ട യോഗസിദ്ധികളൊന്നും എനിക്ക് വേണ്ട ഇനിയിപ്പോ പുനർജന്മം വരാതിരിക്കണമെന്ന് പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല യാതൊന്നും വേണ്ട എന്ന് എപ്പോ പറയുന്നു ആ വേണ്ട എന്ന് പറയുമ്പോ തന്നെ അവൻ സ്വരൂപത്തിൽ നിന്നു ഉപനിഷത്ത് പറയുന്നു യഥാ സർവേ പ്രഭുച്ഛന് കാമാശ്രിത അഥ മർത്യോ അമൃതോഭവത്തി അത്ര ബ്രഹ്മസമശ്നുത്തെ യഥാ സർവേ പ്രമുച്ഛന്റെ കാമായേ സി ഹൃദിഷ്ഠിത എപ്പോഴാണോ ഒരാൾക്ക് അയാളുടെ സകല കാമനകളും ഉള്ളു വിട്ടു ഒന്നും വേണ്ട എന്നുള്ള ഭട്ടാവുന്നത് അഥമർത്യോ അമൃതോ ഭവതി അത്ര ബ്രഹ്മസമുതി അപ്പ തന്നെ അയാള് മർത്യൻ അമൃതനായിട്ട് തീരും ശരീരത്തിൽ ഇരിക്കുമ്പോ ഇവിടെ തന്നെ ബ്രഹ്മസമുതി അയാൾ ബ്രഹ്മാനുഭവത്തിന് അർഹനായിട്ട് തീരും ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ അയാൾ ജീവൻമുക്തനായിട്ട് തീരും ആ ജീവൻമുക്തി തന്നെ നിർഗുണഭക്തി എന്ന് പറയണത് എന്തെങ്കിലും ആഗ്രഹം ഉള്ളത്തോളം കാലം മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് മനസ്സ് പ്രവർത്തിക്കുന്നിടത്തോളം കാലം ത്രിഗുണങ്ങളുമായിട്ടുള്ള സംബന്ധം ഉണ്ടാവും ത്രിഗുണസമ്പർക്കം ഉള്ളത്തോളം കാലം നമ്മൾക്ക് എന്തൊക്കെ തന്നെ ഭക്തിയോ യോഗമോ ധ്യാനമോ ഒക്കെ അതൊക്കെ വരികയും പോവുകയും ചെയ്യുന്നു ആർക്കാണോ യാതൊരു ആഗ്രഹവും ഇല്ലാത്തത് ആദ്യം ഭഗവാന്റെ അടുത്ത് ഭഗവത് സാക്ഷാത്കാരം നേടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ലൗകിക ആഗ്രഹങ്ങളെയൊക്കെ ത്യജിച്ച് അധ്യാത്മമാർഗത്തിലേക്ക് വരുന്നു അതാണ് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പിന്നീട് അധ്യാത്മമാർഗത്തിലും നമുക്ക് പൂർണ്ണത ആ ആഗ്രഹവും ഉപേക്ഷിക്കപ്പെട്ടാലേ വരുള്ളൂ എന്നാണ് ആശയൈ അരുമിൻ ആശയൈ അരുമിൻ ഈശനോടാകിലും ആശയ അരുമിൻ ആശൈ പടപ്പടത്തുൻപം താനേ ആശയ വിടവിട ഇൻപം താനേ എന്ന് തിരുമൂലർ തിരുമന്തിരത്തിൽ പാടി ആശയൻ ആശയൈ അരുമിൻ രണ്ടു പ്രാവശ്യമാണ് ആശയ ഉപേക്ഷിക്കും ലൗകികമായ ആഗ്രഹങ്ങളെയൊക്കെ ത്യജിക്കൂ ഈശനോടാകിലും ആശയൈ അരുമിൻ എന്നുവെച്ചാൽ ആഗ്രഹം കൊണ്ട് നേടിയെടുക്കാവുന്ന ഒരു വസ്തുവല്ല ഭഗവാൻ ആഗ്രഹിക്കാതെ ഒരു വസ്തുവും ലോകത്തിൽ കിട്ടില്ല ആഗ്രഹിക്കുന്നിടത്തോളം ഭഗവാൻ കിട്ടില്ല അതാണ് രണ്ടിന്റെയും പാരഡോക്സ് ആഗ്രഹിക്കാതെ എന്തെങ്കിലും വസ്തു ലോകത്തിൽ നമുക്ക് കിട്ടുമോ പണം വേണമെങ്കിൽ ആഗ്രഹിക്കാതെ നടക്കുമോ സ്ഥാനമാനങ്ങൾ വേണമെങ്കിൽ ആഗ്രഹിക്കാതെ നടക്കുമോ ആഗ്രഹിച്ചാൽ ലോകത്തിൽ എന്തും നടക്കുമെന്നുള്ളത് ലൗകിക നിയമമാണ് ശ്രുതി പറയണു നിങ്ങൾക്ക് ആനയാകണമെന്ന് ആഗ്രഹിച്ചാലും ഈ ജന്മത്തിൽ സാധ്യമല്ലാ അല്ലാതെ പക്ഷം അടുത്ത ജന്മത്തിൽ നിങ്ങൾ ആനയായിട്ട് ജനിക്കും കുറെ പ്രബലമായി ആഗ്രഹിച്ച അസാധ്യമായ ആഗ്രഹം പോലും സാധിച്ച് സാധിപ്പിക്കുന്നതാണ് മനസ്സ് മനസ്സിന് സങ്കല്പ ഉണ്ടായോ സങ്കല്പത്തിനനുസരിച്ച് വസ്തുവിനെ സൃഷ്ടിക്കാൻ അതിന് ശക്തിയുണ്ട് അപ്പൊ ആഗ്രഹം എന്ത് തന്നെയായാലും യത്ത് ക്രതുഹു യത് സങ്കല്പ തദ് അഭിസംപദ്ദ്യതേ ഇവിടെ എങ്ങനെ സങ്കല്പമോ അതുപോലെ കർമ്മം ചെയ്യും കർമ്മത്തിനനുസരിച്ച് വാസനകൾ ഉണ്ടാവും അതിനനുസരിച്ച് ജനിക്കുകയോ മരിക്കുകയോ ഒക്കെ ചെയ്യും ലോകത്തിൽ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആഗ്രഹം കൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് ആഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് തോന്നും അത് വരേണ്ട ജീവിതം എന്തിനു കൊള്ളൂ ആ ജീവിതം സൂക്കേട് പിടിച്ച ആളുകൾക്കായി സൂക്കേട് മാറുക എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് അങ്ങനെയുണ്ട് ഒരു നാട്ടിൽ എല്ലാവരും തലവേദന ഉള്ളവരാണ് ജന്മനാ തന്നെ ഒരു ആള് തലവേദന ഇല്ലാത്ത ആൾ ആ നാട്ടിലേക്ക് വന്നപ്പോൾ അവര് പറഞ്ഞു അയ്യോ വലിയ വ്യാധിയാണ് വേഗം ചികിത്സിക്കണം അവിടുത്തെ ആസ്പത്രിയിൽ ഡോക്ടർമാരുടെ അടുത്ത് പോയി തലവേദനയ്ക്ക് മരുന്ന് ചോദിക്കും നമ്മളും അങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ തലവേദനക്ക് മരുന്ന് വേണം ചുമയ്ക്ക് മരുന്ന് വേണം പനിക്ക് മരുന്ന് വേണം തലവേദന ഇല്ലെങ്കിൽ തലവേദന വരണം എന്നാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും തലവേദന ഉണ്ടെങ്കിൽ തലവേദന വരണം എല്ലാവർക്കും സൂക്കേട് ഉള്ളവരാണെങ്കിൽ സൂക്കേട് വരണം അപ്പൊ ആഗ്രഹം എന്നുള്ളത് ഒരു രോഗമാണെന്ന് പോലും നമ്മൾക്ക് അറിയുന്നില്ല ഇറ്റ് എ മൂവ്മെന്റ് ഓഫ് മൈൻഡ് സൈക്കിങ് ടു ബിക്കം സംതിങ് ഇപ്പൊ ഞാനില്ല ഇനി നാളെ അതാവും ഇപ്പൊ എനിക്കില്ല അത് നാളെ കിട്ടും അതാണല്ലോ ആഗ്രഹം എന്ന് പറയുന്നത് അല്ലേ ആശാനാമനദീ മനോരഥ തൃഷഗ്രാഹവർക്കൈര്യദ്രുമധംസി മോഹാവർത്തസു ദുസ്തരാം അതിഗഹന പ്രോത്തുംഗചിന് താരതാ വിശുദ്ധമനസ നന്ദി യോഗീശ്വരാ ഭർതൃഹരി പറയാണ് ഒരു നദി ധാരാളം വെള്ളമുള്ള നദി ആ നദി എന്താണ് ആശ എന്ന് പേര് ആ നദിക്ക് ആശാ നാമ നദീ അതിൽ വെള്ളം എന്ത് വെള്ളമാണ് അതിലുള്ളത് ഹൈഡ്രോജൻ ഓക്സിജൻ എച്ച് ടൂ ഒന്നും അല്ലാത്രേ മനോരഥ ജല മനോരഥമാവുന്ന വെള്ളം അലയടിക്കുന്നു അലകൾ എന്താണ് തൃഷ്ണ തരംഗാകുല തൃഷ്ണ കിട്ടിയതൊന്നും പോരാ പോരാ പോരാ എന്നുള്ള ആകാംക്ഷയാണ് അതിൽ തരംഗം അതിനകത്ത് മുതലകളുണ്ട് ആശയാകുന്ന നദിയിലേക്ക് പെട്ടുപോയാൽ മുതലകളുണ്ട് ആ മുതലകളുടെ സ്വഭാവം എന്താ രാഗഗ്രാഹവതി അറ്റാച്ച്മെന്റിന്റെ രൂപത്തിൽ പൊസസീവ്നെസിന്റെ രൂപത്തില് മുതലകൾ അവിടെ എവിടെ കിടക്കുന്നു ആശയാവുന്ന നദി ഉള്ളിൽ കാലം അധ്യാത്മമാർഗങ്ങളും വേദാന്തവും ഒക്കെ കേട്ടാലും എളുപ്പത്തിലൊന്നും സ്വരൂപത്തിലിരിക്കാൻ പറ്റില്ല വിതർക്കവിഹക വേണ്ടാത്ത കുയുക്തികളൊക്കെ തോന്നും എന്നാണ് ശരിയാണെന്ന് തോന്നിയാലും ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും നമ്മളുടെ ഉള്ളിൽ ഒരാളുണ്ടല്ലോ ജന്മജന്മങ്ങളായി നമ്മൾക്ക് കൊനഷ്ട് പറഞ്ഞു തരുന്ന ഒരുത്തനുള്ളിലുണ്ടല്ലോ അവൻ പറയും ഇതൊന്നും ശരിയല്ല എന്ന് പറയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുയുക്തി പറയും വിതർക്കവിഹകാം ഈ നദി ഉള്ളിലുള്ളപ്പോ ആഗ്രഹം പ്രബലമായുള്ളപ്പോ ധൈര്യദ്രുമധ്വംസിനി ആഗ്രഹമുള്ളവനെപ്പോഴും പേടിയാണ് അല്ലെ ധൈര്യദ്രുമ ധൈര്യമാകുന്ന വൃക്ഷത്തിനെ ഒരു നദി കൂലങ്കുത്തി ഒഴുകുമ്പോ തടത്തിലുള്ള വൃക്ഷങ്ങളെ കടപുഴക്കി എടുക്കുന്ന പോലെ ജീവിതത്തിൽ ധൈര്യമാവുന്ന മരം കടപുഴങ്ങി ചുവട്ടില് വീഴും അവിടെ അവിടെ ചുഴികളുണ്ട് ഉള്ളിലേക്ക് വലിക്കും മോഹാവർത്തസു ദുസ്തറ അതുകൊണ്ട് കടക്കാൻ ബുദ്ധിമുട്ടാണ് മോഹം അജ്ഞാനം എന്നുള്ള ചുഴികൾ വളരെ ആഴമുണ്ട് ഈ നദിക്ക് അതിഗഹന പുറത്തുങ്ക ചിന്താതടി ഈ നദിയുടെ തടം മുകളിലേക്ക് കയറാന്ന് വെച്ചാൽ വളരെ ഉയരത്തിലുള്ള ജ്ഞാനമാകുന്ന തടമാണ് അവിടെ ആര് കയറി പറ്റുന്നു തസ്യ പാരകതാഹ വിശുദ്ധ മനസഹ നന്ദന്തി യോഗീശ്വരാഹ യോഗീശ്വരന്മാരെ ആ തടത്തിലേക്ക് കയറി നിന്ന് ആനന്ദിക്കുന്നു സന്തോഷിക്കുന്നു അപ്പൊ ആഗ്രഹം എന്നുള്ളത് ആഗ്രഹമുള്ള മനുഷ്യൻ കയറില്ലാതെ തന്നെ സ്വയമേവ ബന്ധിക്കുകയാണ് ആർക്ക് യാതൊരാഗ്രഹവുമില്ലയോ വീതസ്പൃഹാഹ വിഷയഭോഗപദേ വിരക്താഹ ധന്യാരന്തി വിജനേഷു വിരക്തസംഗാ ആചാര്യസ്വാമികൾ പറഞ്ഞു ആഗ്രഹമില്ലാത്തവൻ സ്വതന്ത്രനാണോ കൊച്ചുകുട്ടികളെ പോലെയാണ് അവൻ യാതൊന്നും ബന്ധമില്ല പ്രജഹാതീയതാ കാമാൻ സർവാൻ പാർത്ഥ മനോഹതാൻ എപ്പോ പോയോ അപ്പൊ അവൻ ആത്മാവിൽ ആത്മാവിനാൽ തന്നെ ആനന്ദം കണ്ടെത്തും ആ ആനന്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ എ സ്മാളസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഡിസെയർ വിൽ ബി ഫെൽറ്റ് ആസ് എ ഡിസ്റ്റർബൻസ് ചെറിയ ആഗ്രഹം പോലും നമ്മളിൽ ഒരു കുറവുണ്ടാക്കുന്നതായിട്ട് നമ്മൾ കാണും ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുകയല്ല വിവേകമുണ്ടാകുമ്പോ വിവേകിക്കും ആഗ്രഹങ്ങളുണ്ടാകും ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നതിന് പകരം വിവേകി ആഗ്രഹങ്ങളെ ഇല്ലാത ഉപേക്ഷിക്കുക ചെയ്യുക ആഗ്രഹം അവിടെ ഉണ്ട് ഇറ്റ്സ് ഓൺലി എ തോട്ട് ആഗ്രഹം എന്ന് പറയുന്നത് എന്താ മനസ്സിലൊരു ചിത്തവൃത്തിയാണ് അതവിടെ ഇരിക്കട്ടെ പലതും തോന്നും അതിന് തോന്നട്ടെ എനിക്കെന്തു വേണം അതൊരു ചിത്തവൃത്തിയാണ് വിവേകം ഉണ്ടാവുമ്പോ മനസ്സിനെ തന്നെ തന്നിൽ നിന്ന് അന്യമാക്കി പിൻവലിയുന്നത് കൊണ്ട് ആഗ്രഹങ്ങൾക്ക് ബലമറ്റു പോവുകയാണ് ശയെ ഉപേക്ഷിക്കുകയാണ് ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം എന്ന് പിങ്കളെ പാടി ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല വിവേകം ഉണ്ടാവും തോറും നമ്മൾ കാണും നമ്മൾക്ക് ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വിഷമിക്കണത് വസ്തുക്കൾ ഇല്ലാത്തത് കൊണ്ടല്ല കുറവ് വസ്തുക്കളുള്ള പലരും സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് അപ്പൊ വസ്തുക്കളല്ല സന്തോഷത്തിന് കാരണം നമ്മളെക്കാളും കൂടുതൽ പല വസ്തുക്കളും ഉള്ള ആളുകൾ ദുഃഖിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ വസ്തുക്കൾ സ്വയമേവ സുഖത്തിനോ ദുഃഖത്തിനോ കാരണമല്ല വസ്തുക്കളെ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ സുഖിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യണം ഇത് വിവേകം കൊണ്ട് നല്ലവണ്ണം കാണുന്ന സൂക്ഷ്മ ബുദ്ധി വിവേകമാവുന്ന കൊടിലുകൊണ്ട് ഉള്ളിലിരിക്കുന്ന ആഗ്രഹങ്ങളെ ഓരോന്നായി എടുത്ത് പുറത്തിട്ടാൽ മറ്റധ്യാത്മ സാധന ഇത്രയേ ഉള്ളൂ ഒരാഗ്രഹവും വേണ്ട യാതൊന്നും വേണ്ട ഭഗവത് സാക്ഷാത്കാരത്തിന് പോലും ഞാനിവിടെ ഇരുന്നിട്ട് നിങ്ങളൊക്കെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഞാൻ നിങ്ങളുടെ അടുത്ത് ബന്ധപ്പെട്ടു പോകും നിങ്ങളെന്നു വരുന്നവരൊക്കെ നാളെ വരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഞാൻ നിങ്ങളുടെ അടുത്ത് ബന്ധപ്പെട്ടു പോകും പിന്നെ എന്റെ ബുദ്ധി അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങും എന്ത് സൂത്രപ്പണി ചെയ്തിട്ടാണ് നിങ്ങളെയൊക്കെ ഇവിടെ പിടിച്ചിരുത്തുക ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യണോ ഇതിനെയൊക്കെ ശരിയായ രീതിയിലാക്കണം ഇവിടുത്തെ ആളുകളുടെയൊക്കെ പേരിവിടെ എഴുതി വയ്ക്കണം അറ്റൻഡൻസ് രജിസ്റ്റർ വെക്കണം എന്നൊക്കെ തോന്നും ഞാൻ എന്താവും നിങ്ങളെ സ്വതന്ത്രനാക്കുന്നതിന് പകരം നിങ്ങളെ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളെയും അടിമകളാക്കും ഞാനും അടിമയാവും എന്തെങ്കിലും വസ്തുവിനെ ആശ്രയിച്ചാൽ ആ വസ്തുവിനെ ഞാൻ കേടുവരുത്തുകയും ആശ്രയിക്കുന്ന എന്നെ ഞാൻ നശിപ്പിക്കുകയും ചെയ്യും ഈ വിവേകമൊരാൾക്കുണ്ടാവുകയാണെങ്കിൽ ലോകത്തിലൊന്നും നമ്മളെ ബന്ധിക്കില്ല നമ്മളും ഒരു വസ്തുവിനെയും ബന്ധിക്കില്ല നമ്മളുടെ സ്വാതന്ത്ര്യത്തിനെ ഒരിടത്തും അടിയറവ് വയ്ക്കുകയില്ല നമ്മൾ ഒന്നിനെയും പിടിച്ച് കെട്ടിയിടുകയില്ല അങ്ങനെയുള്ള ആള് മാത്രമാണ് സ്വതന്ത്രൻ ആ സ്വാതന്ത്ര്യത്തിന് ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും കെട്ടിപ്പടുക്കുന്ന എല്ലാ സംഘടനകളും തടസ്സമാണ് മനുഷ്യൻ സ്വതന്ത്രനായിരിക്കണം ഓരോ വ്യക്തിയും അവനവന്റെ വഴിക്ക് ചെല്ലണം സത്യത്തിനെ ബോധിച്ചിട്ട് സ്വതന്ത്രമായി നടക്കണം എന്നാലേ സത്യം നമുക്കൊരു വിളക്ക് മാത്രമാണ് നിങ്ങളിപ്പോ എന്റെ അടുത്ത് വന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് പോകണം ഒരേ ഇരുട്ടാണെന്ന് പറഞ്ഞാൽ ടോർച്ച് തരാനേ പറ്റുള്ളൂ ടോർച്ച് എല്ലാവർക്കും സമമാണ് നിങ്ങളുടെ വീട് എവിടെയാണെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ പോയിക്കൊള്ളണം നേരെ മറിച്ച് ടോർച്ചിൽ നിന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം എന്നാണ് സംഘടിതമായി ചേരുമ്പോ പറയുക അപ്പൊ എന്താവും ഞാൻ കൂട്ടിക്കൊണ്ടുപോണത് നിങ്ങളുടെ വീട്ടിലേക്കായിരിക്കില്ല എനിക്ക് അറിയുന്ന വഴിക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോകും നിങ്ങളും കൂരി ഇരുട്ടിൽ പെടും ഞാനും കൂരി ഇരുട്ടിൽ പെടും അതാണ് അന്ധേനൈവനീയമാനാഹായ വെളിച്ചം സമാനമാണ് എല്ലാവർക്കും വഴി വേറെ വേറെയാണ് ജ്ഞാനം എല്ലാവർക്കും സമാനമാണ് എല്ലാവർക്കും ഒരു വഴി പറ്റില്ല സാധ്യമല്ല അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് എല്ലാവരെയും ഇരുത്തി ഒരു ക്ലാസ് എടുത്തിട്ട് സാധനയൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞിട്ട് ഫലിക്കുന്നുണ്ട് തോന്നും അത് കുറച്ച് ദിവസത്തേക്ക് മുമ്പിൽ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ അന്ധം തമ് പ്രവിശന്തി കുരി പോകും ഓരോരുത്തരും വഴി കണ്ടുപിടിച്ചോളണം സ്വതന്ത്രനാവാൻ ജ്ഞാനം സമാനമാണ് അതുകൊണ്ടാണ് ഗീതയിൽ പ്രത്യേകിച്ചൊരു സാധനയെ ഭഗവാൻ പറഞ്ഞില്ല പ്രത്യേകിച്ചൊരു വഴിയെ പറഞ്ഞില്ല ജനറൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനമാണ് ആഗ്രഹങ്ങളിൽ നിന്നും പുറത്തേക്ക് ചാടുക എന്നുവെച്ചാൽ ആഗ്രഹങ്ങളിൽ നിന്നും പുറത്തേക്ക് ചാടുക എന്നുള്ളതിനും ഒരു ലിമിറ്റേഷനും ഭഗവാൻ വെച്ചു ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി പരദർശാൻ ഈ ശരീരം നിലനിർത്താനായിട്ട് ലോകത്തിൽ ജീവിക്കാനായിട്ട് എന്താഗ്രഹമുണ്ടോ ആ ആഗ്രഹം ആഗ്രഹമായിട്ട് കണക്കാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് തൃഷ്ണയെയും ധാർമ്മിക ആഗ്രഹങ്ങളെയും മാറ്റി നിർത്തി ഊണ് കഴിക്കുക അപ്പം ആഗ്രഹിക്കേണ്ടുവെച്ചാൽ എന്തിനു ഊണ് കഴിക്കണം എന്തിനു വെള്ളം കുടിക്കണമെന്നൊക്കെ ചോദിക്കും ആളുകൾ അതല്ല ഇവിടെ ഉദ്ദേശിച്ചത് എല്ലാ ശരീരത്തിന് നിലനിൽക്കാനുള്ള ആഗ്രഹം ഇറ്റ് ഈസ് ബയോളജിക്കൽ ഡിസയർ നോട്ട് സൈക്കളോജിക്കൽ നേരെ മറിച്ച് ലോകത്തിലെ പേരിനും പെരുമയ്ക്കും സ്ഥാനമാനങ്ങൾക്കും ആവശ്യത്തിലധികമുള്ള ദ്രവ്യങ്ങൾക്കും ധനത്തിനുമൊക്കെ ഉള്ള കൊതി സൈക്കളോജിക്കൽ ഇനോർഡിനേറ്റ് ഡിസയറാണ് അതിൽ ചെന്നുപെടരുത് എന്നിവർ അത് ദുഃഖമാണെന്ന് കണ്ട് അത് നമ്മളെ വട്ടം തിരിക്കുമെന്ന് കണ്ട് പുറത്ത് ചാടുക പുറത്ത് ചാടിയാൽ ശാന്തി ഉണ്ടാവും സ്വാതന്ത്ര്യം ഉണ്ടാവും ആ സ്വാതന്ത്ര്യം തത്വ സത്വഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്നും നമ്മളെ വിമുക്തരാക്കും എന്തെങ്കിലും ആശ വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം ഇതിൽ ഏതിലെങ്കിലും നമ്മൾ പെടും ആശയമൊക്കെ നമുക്ക് വിടാൻ പറ്റുമോ നമ്മളെ സാധ്യമാണോ ശ്രമിച്ചു നോക്കുക അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാവും നിങ്ങൾക്ക് അനുഭവം വരുമ്പോ കുറച്ചുകൂടെ നല്ലവണ്ണം മനസ്സിലാവും ഒരു കൊച്ചു കുരുവി കടൽ തീരത്തിൽ എവിടെയോ മുട്ടയിട്ടു ആ മുട്ടയെ കടല് വേലിക വേലിയേറ്റം വന്നപ്പോ കടല് കൊണ്ടുപോയി മുട്ടയെ ഈ കുരുവിക്ക് കടലിനോട് വല്ലാത്ത ദേഷ്യം വന്നു ഈ കടല് ഇത്ര വലിയ കടല് എന്തൊക്കെ വസ്തുക്കളെയും ജന്തു ജീവികളെയൊക്കെ തന്റെ ഉള്ളില് വെച്ചുകൊണ്ടിരിക്കുന്നു ഈ കടലിന് എന്റെ മുട്ട എന്തെയാ എന്റെ മുട്ട കൊണ്ടുപോയ കടലിനെ ഞാൻ വറ്റിക്കും എന്ന് തീരുമാനിച്ച് ഈ കുരുവി തന്റെ കൊക്കില് കടൽ വെള്ളം കുറച്ചു കുറച്ചായി കൊണ്ടുവന്ന് കരയിൽ കൊണ്ടുവന്ന് ഒഴിക്കൂ അത് ക്ഷീണിച്ചു വശ എന്നാലും വേണ്ടതിൽ ആ കടൽ വെള്ളം വറ്റിക്കാൻ പോവുകയാണ് എന്റെ മുട്ട കടലിനെ ഞാൻ വറ്റിക്കാൻ പോവുകയാണ് അപ്പോ അവിടെ ഒരു ഋഷി അവിടെ വരികയും അദ്ദേഹം ചോദിച്ചു ഈ കുരുവിനോട് എന്തിനാ എന്താ ഈ ചെയ്യണത് ഞാൻ ഈ കടല് പറ്റിക്കും ഈ കടൽ എന്റെ മുട്ട മോഷ്ടിച്ചു ആ ഋഷി പറഞ്ഞു ഈ കടലിനെ വറ്റിക്കാൻ എന്നെ കൊണ്ടാവൂവോ കുരുവി കടൽ എത്ര വലുതാണ് നോക്കൂ നീ എത്ര ചെറുതാണ് കുരുവി പറഞ്ഞു ഞാൻ യുക്തിയൊന്നും ചിന്തിക്കണില്ല യുക്തി ചിന്തിച്ചാൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഞാൻ യുക്തിയൊന്നും ചിന്തിക്കണില്ല ഒന്നില് കടല് പറ്റിക്കും അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും ആ ഋഷി ഈ കുരുവിയുടെ വാശി കണ്ടിട്ട് കാരുണ്യത്തോടുകൂടെ കടലിൽ കിടക്കുന്ന മുട്ട എടുത്തുകൊടുത്തു അത്ര ഈ കുരുവിക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസരും മറ്റൊക്കെ പറയുന്ന കഥയാണ് പുരാണങ്ങളും ഭാരതത്തിലോ എവിടെയോ ഈ കഥയുണ്ടോ എന്ന് തോന്നുന്നു ഗൗഡപാദാചാര്യനും കരികയിൽ പറയുന്നുണ്ട് മനസ്സിൽ ഓരോ ആഗ്രഹമായി വാസനയായി ഉപേക്ഷിക്കുന്നതിനെ അദ്ദേഹം ഉപമിക്കുന്നത് ദർഭാഗ്രഹം കൊണ്ട് കടൽ വെള്ളത്തിനെ മുക്കി മുക്കി വറ്റിക്കുന്ന പോലെയാണെന്നാണ് അപ്പൊ ആഗ്രഹത്തിനെ ഉപേക്ഷിക്കാനായി ഈ ജീവൻ ശ്രമിച്ചു തുടങ്ങുമ്പോൾ തിരിപ്പടഞ്ഞു തുടങ്ങുമ്പോൾ ഈ ജീവന്റെ മനസ്സ് അന്തർമുഖമാവുകയും ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യുമ്പോൾ കാണാം രുക്മിണി ദേവി ഒരു സന്ദേശം ഭഗവാൻ അയച്ചതും ഭഗവാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോയി അല്ലേ അതേപോലെ ഈ ജീവൻ അന്തര്യാമിക്കൊരു സന്ദേശം അയച്ചാൽ മതി രണ്ടു പക്ഷികൾ ഒരു വൃക്ഷത്തിന്റെ ശാഖയിലിരിക്കുന്നു എന്നു വേദം പറഞ്ഞു അതിലൊരു പക്ഷി മറ്റേ പക്ഷിക്ക് അയക്കുന്ന സന്ദേശമാണ് ഈ ജീവാഹന്ത അന്തര്യാമിയുമായി സംബന്ധപ്പെട്ട് തുടങ്ങിയാൽ തന്നെ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ അകമേയുള്ള നിത്യശുദ്ധമായ വസ്തു ഈ ക്ഷരപുരുഷനെ വിഴുങ്ങിക്കളയും അതിനാണ് കൃപ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് നമ്മളുടെ പരിശ്രമം കൊണ്ടാണ് സത്യം നേടുന്നത് എന്നുള്ളതും സത്യമാണ് നമ്മളുടെ പരിശ്രമം കൊണ്ടല്ല സത്യം നേടുന്നത് എന്നുള്ളതും സത്യമാണ് നമ്മളുടെ പരിശ്രമം ഇല്ലാതെ ഇത് നടക്കില്ല നമ്മളുടെ പരിശ്രമം കൊണ്ട് മാത്രം നടക്കൂല ജീവാഹന്ത ഇതുവരെ പ്രവർത്തിക്കും ഇതുവരെ ഭഗവത് കൃപയ്ക്ക് പാത്രമാകുന്നവരെ ജീവാഹന്തം പ്രവർത്തിക്കും ഭഗവത് കൃപയ്ക്ക് പാത്രമായി കഴിഞ്ഞാൽ ആ ചിത്തിശക്തിയുടെ പ്രവൃത്തിയെ ഓരോ സാധകനും തന്റെ അകത്ത് കാണും തന്റെ ജീവാഹന്തയ്ക്ക് യാതൊരു വിധത്തിലും ബലം കൊടുക്കാതെ പ്രബലമായ ചിത്തിശക്തി അതിന്റെ സ്വാധീനത്തിൽ ഈ ജീവാഹന്ത ആക്കുന്നത് ഭഗവത്കൃപാശക്തി ജീവാഹന്തയെ തന്റെ സ്വാധീനത്തിലാക്കും തമിഴിൽ ഇതിനൊരു ചൊല്ലുണ്ട് ഭഗവാൻ ജീവനെ തൻവശപ്പെടുത്തുക രാമകൃഷ്ണ പരമഹംസർ ഒരു ഉദാഹരണം പറയും തെരുവില് അങ്ങാടിയിൽ നടക്കാൻ പോകുന്ന കുട്ടി അച്ഛന്റെ അടുത്ത് പറഞ്ഞു അച്ഛന്റെ കൈ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു വേണ്ട ഞാൻ എന്നെ പിടിച്ചോളാം കുട്ടി അച്ഛനെ പിടിച്ചാൽ എപ്പോ വേണമെങ്കിലും വിട്ടുപോകും അച്ഛനാണ് കുട്ടിയെ പിടിക്കണതെങ്കിൽ കുട്ടിയും സ്വതന്ത്രനാണ് അച്ഛനും സമാധാനത്തോടെ ഇരിക്കും അതേപോലെ ഈ ജീവാഹന്ത നമ്മളുടെ ഈ വ്യക്തിത്വം നമ്മളുടെ യഥാർത്ഥ വ്യക്തിത്വം അല്ല മുക്തിക്ക് ആഗ്രഹിക്കുന്നതായി വ്യക്തിത്വം നമ്മൾ വാസ്തവ വ്യക്തിത്വമല്ല സംസാര വിഷയങ്ങളെ ആഗ്രഹിക്കുന്നതായി വ്യക്തിത്വം നമ്മളുടെ വാസ്തവ വ്യക്തിത്വമല്ല ആ വ്യക്തിത്വത്തിനെ മൂലത്തിൽ അന്വേഷണം ചെയ്തു നോക്കുന്നത് ജ്ഞാനമാർഗമാണ് ഞാനെന്ന് പറയണ ഈ വ്യക്തിബോധത്തിനെ അതെന്താണെന്നും അതിൻ്റെ സ്വരൂപം എന്താണെന്നും ഞാൻ ബന്ധത്തിൽ കിടക്കുന്നു എനിക്ക് സംസാര ദുഃഖമുണ്ട് എനിക്ക് വിഷമമുണ്ട് എനിക്ക് ധ്യാനിക്കണം എനിക്ക് ഉറക്കം വരുന്നു എനിക്ക് പ്രവർത്തിക്കണം എന്ന രീതിയിലൊക്കെ സത്വഗുണമോ രജോഗുണമോ തമോ ഗുണമോ പ്രവർത്തിക്കുന്നതിന് പെട്ടുകിടക്കുന്ന ഈ വ്യക്തിത്വം നമ്മുടെ വാസ്തവസ്ഥിതിയല്ല ഈ ഞാൻ ആരാണ് എനിക്ക് ഈ സംസാരത്തിന് മുക്തി വേണം മുക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ ആരാണ് എന്ന് അന്വേഷിച്ച് തന്നെ മൂലാന്വേഷണം ചെയ്താൽ ഞാൻ എന്ന ഈ വ്യക്തിത്വം സത്യമല്ല ഉള്ളത് മുക്തിയാണ് അതേപോലെ തന്നെ എനിക്ക് കർമ്മം ചെയ്യണം പലതും ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ഈ ആഗ്രഹിക്കുന്ന ഞാൻ ആരാണ് എന്ന് ഞാൻ എന്ന അഹന്തയെ അന്വേഷണം ചെയ്തു നോക്കിയാൽ ആ അഹന്ത എവിടെ ഉദിക്കുന്നു അവിടെ ലയിക്കുകയും കർത്താവായ ഒരാളില്ല പ്രകൃതിയൊക്കെ ചെയ്യുന്നു ഉള്ളിൽ തികച്ചും നിശ്ചലമായ ഒരു അധിഷ്ഠാനമേ ഉള്ളൂ എന്ന് കാണും അത് കർമ്മയോഗമാണ് ഭഗവാനെ സാക്ഷാത്കരിക്കണമെന്ന് പറയുന്ന ഭക്തന്റെ അടുത്തും ഈ ഭക്തി ചെയ്യുന്ന ഞാൻ ആരാണെന്നുള്ള വിചാരം അകമയ്ക്ക് വന്നു ഭക്തനില്ല ഭഗവാനേ ഉള്ളൂ വിഭക്തിനാശായ ച ഭക്തിയോഗ വിയോഗനാശായ കർമ്മിത്വനാശായ കർമ്മയോഗ അബോധനാശായ ച ബോധയോഗ ബോധക്കേട് തീർക്കാൻ ജ്ഞാനയോഗവും വിയോഗം നീക്കാൻ രാജയോഗവും ഞാൻ കർത്താവാണോ ഭോക്താവാണെന്നുള്ള കർമ്മിത്വം നീക്കാൻ കർമ്മയോഗവും വിഭക്തി ഉണ്ടെങ്കിൽ അത് കളയാനുമാണ് ഭക്തിയോഗം ചുരുക്കത്തിൽ വ്യക്തി വ്യക്തിയല്ലാതായിട്ട് തീരും വ്യക്തിയുടെ വ്യക്തിത്വം വാസ്തവമല്ലെന്നും ം മാത്രമാണോ ഉള്ളതെന്നും ഭഗവാനാണുള്ളതെന്നുമുള്ള സാക്ഷാത്കാരം സ്വാനുഭവം നോട്ട് ഇന്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബുദ്ധി കൊണ്ടുള്ള തെളിച്ചമല്ല അഹന്ത മൂലത്തിൽ ലയിക്കണം ഉപദേശസാരത്തിൽ നമ്മുടെ ഭഗവാൻ സുവ്യക്തമായിട്ട് പറഞ്ഞു ഹൃസ്ഥലേ മനസ്വസ്ഥ ക്രിയാ ഭക്തിയോഗ ബോധാശ്വനിശ്ചിതം ഹൃസ്ഥലേ മനസ്വസ്ഥത ഹൃദയത്തിൽ സ്വസ്ഥത ഉണ്ടാവുകയാണെങ്കിൽ അത് തന്നെ ഭക്തിയോഗം അത് തന്നെ രാജയോഗം അത് തന്നെ കർമ്മയോഗം അത് തന്നെ ജ്ഞാനയോഗം ഉദിക്കും ഇടത്തിൽ ഒടുങ്ങിയിരുത്തൽ അത് കന്മവും ഭക്തിയും ഉന്തിപ്പര് യോഗ ജ്ഞാനവും ഉന്തിപ്പര എവിടെ ഉദിക്കുന്നു അവിടെ തന്നെ അടങ്ങിക്കഴിഞ്ഞാൽ അത് കർമ്മയോഗം അത് രാജയോഗം അത് തന്നെ ഭക്തിയോഗമെല്ലാം പ്രേമം കൊണ്ട് ഉരുകിയില്ലാതാവാം ജ്ഞാനം കൊണ്ട് വിചാരം ചെയ്തില്ലാതാവാം യോഗം കൊണ്ട് ചിത്തവൃത്തി നിരോധം ചെയ്തില്ലാതാവാം കർമ്മം കൊണ്ട് പ്രകൃതിയെ പ്രകൃതിക്ക് വിട്ടുകൊടുത്ത് സാക്ഷിയായി നിന്നിട്ട് ഇല്ലാതാവാം എങ്ങനെയെങ്കിലും ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ ബാധയില്ലാതായാൽ ഈ ജീവൻ മുക്തനായി പോകും സത്വഗുണമാണെങ്കിലും രജോഗുണമാണെങ്കിലും തമോ ഗുണമാണെങ്കിലും മൂന്ന് വിധത്തിൽ നമ്മളെ ബന്ധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു ബന്ധത്തിൽ നിന്ന് എങ്ങനെ വിമുക്തിയുണ്ടാവും എന്ന് അർജുനൻ ചോദിക്കുക ഭഗവാനോട് ഒരു സൈലന്റ് ക്വസ്റ്റിൻ അടുത്ത ശ്ലോകം നോക്കൂ പത്തൊമ്പതാമത്തെ ശ്ലോകം നയ്യം ഗുണേഭ്യത പശ്യത്തി പരം വേധിഗതി അന്യേഭ്യം ഗുണേഭ്യം അനുപശാവൃശ്യം ദ്രഷ്ടാവണു അണു ദൃഗ്ദൃശ്യൗ ദ്വൗ പദാർത്തൗ സ്ഥാ പരസ്ലക്ഷണോ ദൃഗ്ബ്രഹ്മ ദൃശ്യം മായേതിർദാത്ത ഡിന്ധിമ ആചാര്യസ്വാമികളെ ബ്രഹ്മജ്ഞാന ഗാനാവലിയാണത് ദൃക് ദൃശ്യൗ ദ്വൗപദാർത്ഥവും സ്ഥ കാ കാണുന്നവനും കാണപ്പെടുന്ന വസ്തുവുമായി രണ്ടെണ്ണമാണ് ലോകം സാഖ്യമതവും അതാണ് ഒന്ന് ഞാൻ കാണുന്ന പ്രപഞ്ചം ഒന്ന് പ്രപഞ്ചത്തിനെ കാണുന്ന ഞാൻ ആ പ്രപഞ്ചത്തിലും നാമരൂപങ്ങളെ എങ്ങനെ കാണുന്നു കണ്ണുകൊണ്ട് കാണുന്നു അപ്പോ നാമരൂപങ്ങൾ ദൃശ്യവും കണ്ണ് ദൃക്കുമാണ് കണ്ണുണ്ടെന്ന് എങ്ങനെ അറിയുന്നു മനസ്സുള്ളത് കൊണ്ട് അറിയുന്നു മനസ്സാണ് കണ്ണിലൂടെ വെളിയിൽ വരുന്നത് അപ്പൊ മനസ്സ് ദൃക്കും കണ്ണ് ദൃശ്യവുമാണ് മനസ്സിനെ എങ്ങനെ അറിയുന്നു മനസ്സിനെ ബുദ്ധി കൊണ്ട് അഥവാ അകമേ സാക്ഷി മനസ്സിനെ കാണുന്നു ബുദ്ധി മനസ്സിനെ നിയന്ത്രിക്കുന്നു ബുദ്ധിയെ എങ്ങനെ അറിയുന്നു ബുദ്ധിക്ക് പുറകിൽ ഒരു സാക്ഷി ഇരുന്നു കൊണ്ട് ബുദ്ധിയെ അറിയുന്നു യോ ബുദ്ധേ ഹെ സഹ ഇങ്ങനെ രൂപം ദൃശ്യം ലോചനം ദൃക് തദ്ദൃശ്യം ൃക്തുമാനസം ദൃശ്യ വൃത്തയ സാക്ഷി ദൃഗേവനതു ദൃശ്യത്തെ എല്ലാത്തിനെയും കാണുന്ന ദൃക്കുണ്ടല്ലോ അതിനെ കാണാൻ പറ്റില്ല അങ്ങനെ ഉള്ളിലുള്ളിൽ ഉള്ളിൽ ഉള്ളിൽ പോയി ദൃശ്യവാരിത്തം ചിത്തം ആത്മനഹ ചിത്വദർശനം തത്വദർശനം ഉപദേശസാരമാണ് ദൃശ്യവാരിത്തം ദൃശ്യത്തിനെ വിട്ടിട്ട് ദൃശ്യവാരിതം ചിത്തം ആത്മനഹ ചിത്വദർശനം തത്വദർശനം തത്വദർശനം എന്താണെന്ന് വെച്ചാൽ ആത്മനഹ ചിത്വദർശനം തത്വദർശനം ആത്മാവിന്റെ ചിത്വം ചിത്സ്വരൂപത്തിനെ ദർശിക്കുന്നത് തന്നെയാണ് തത്വദർശനം തമിഴില് കുറച്ചുകൂടെ നന്നായിട്ടിരുന്നു നമ്മുടെ ഭഗവാന്റെ തമിഴിൻറെ സംസ്കൃതമാണ് ഉപദേശ സാരം അതിപ്പോ ചിന്മ്യാമിഷൻ ഒക്കെ പ്രചാരത്തിലുണ്ട് തമിഴില് കുറച്ചുകൂടെ ക്ലിയറാണ് താനായിരുത്തലയെ തന്നെ അറിതലാം ീപര് തന്മയനിഷ്ഠീപരെ തന്നെ അറിയുക എന്ന് പറയുന്നത് എന്താ താനായിരുത്തലേ തന്നെ അറിയലാം തന്നെ അറിയാൻ പറ്റില്ല രണ്ടു വസ്തുവായി തന്നിൽ നിന്ന് മാറ്റി നിന്ന് തന്നെ കാണാൻ പറ്റില്ലല്ലോ അപ്പൊ താൻ താനായിരിക്കലാണ് തന്നെ അറിയല് എന്ന് പറയണത് എന്ന് വെച്ചാൽ താൻ താനായി എന്ന് വെച്ചാലോ എപ്പ താനായിട്ട് ഇരിക്കും ചിത്തവൃത്തികളെ ഇല്ലെങ്കിൽ വിചാരങ്ങളെ ഇല്ലെങ്കിൽ തദാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം എന്ന് പതഞ്ചലി ചിത്തവൃത്തികളുണ്ടെങ്കിൽ ചിത്തവൃത്തിയുടെ ആകാരം പൂണ്ടു നിൽക്കും എനിക്ക് കാമം വരുമ്പോ ഞാൻ കാമിയായിട്ട് തീരും എനിക്ക് കോപം വരുമ്പോൾ ഞാൻ കോപിയായിട്ട് തീരും എനിക്ക് അസൂയ വരുമ്പോൾ ഞാൻ അസൂയാലുവായിട്ട് തീരും അതാത് വികാരങ്ങളോടുകൂടെ വൃത്തിസാരൂപ്യം എന്ന് പതഞ്ജലിതിന് പറയുന്നു identification with thoughts identification with emotions when there are no emotions when there are no thoughts only self remains tan mathram undaakum tande vastu sthiti mathram undaakum agane tan mathramai irikkunadana thanne ariyal avade endu anubhavam undaakum adine vaakku kond parayan mattilla adu vigara anubhavam alla adu vichara anubhavam alla നമ്മൾ വിചാരിക്കുന്നു ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ വിചാരം ഭക്തി യോഗം എന്ന് വെച്ചാൽ മനസ്സിലുണ്ടാകുന്ന വികാരം യഥാർത്ഥ വികാരവും വിചാരവും ലൗകികമാണ് ചിതാനന്ദം ചിതാനുഭവം എന്ന് പറയണത് വികാരമോ വിചാരമോ അല്ല അത് നിശ്ചലമാണ് നിശ്ചലം എന്ന് വെച്ചാൽ സാധാരണമായി നമ്മൾ വിചാരിക്കുന്ന ജഡരൂപമായ നിശ്ചലതയല്ല വാക്കിന് തന്നെ ഇത്തരം ബലമുണ്ടെങ്കിൽ അതിനേക്കാളും ഒക്കെ വാചാലമായ ആശയവിനിമയ ശക്തിയുള്ള ഹൃദ്യമായ സർവശക്തിയും ജ്ഞാനവും ആനന്ദവും ഉള്ള നിശ്ചലതയാണത് സമൃദ്ധമായ ശാന്തിയാണത് പൂർണ്ണതയാണത് പ്രിയമാണത് അവിടെ ഋതംപരാത്തത്ര പ്രജ്ഞ എന്ന് പതഞ്ജലി പറഞ്ഞു സത്യം അവിടെ നിറഞ്ഞു നിൽക്കണമെന്നാണ് ആ ശാന്തിയിൽ ആ നിശ്ചലതയിൽ അവിടെ താൻ താനായിരിക്കലാണ് അതിനാണ് ദ്രഷ്ടാവ് തന്നിലിരിക്കൽ എന്ന് പതഞ്ജലി പറഞ്ഞത് ദ്രഷ്ടാവ് അല്ലെങ്കിൽ കാണുന്ന വസ്തുക്കളിൽ വീണു പോകും ഇപ്പോ സിനിമ കാണുമ്പോ ചിലര് സിനിമയിൽ വീണു പോകണില്ലേ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാലും സിനിമയിൽ വീണു പോവാൽ കഴിയുന്നില്ല അതാണ് ഇതിന്റെയൊക്കെ ദൂഷ്യം കാണുന്നത് കൊണ്ട് ദൂഷ്യമൊന്നുമില്ല സിനിമ കാണുമ്പോൾ നിങ്ങൾ സിനിമയിൽ വീണു പോവുകയും സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിലുള്ള നായകനെ നിങ്ങളുടെ അകമേക്ക് ആക്കി തീർത്തിട്ട് ആ നായകനോ നായികയോ അതിലത്തെ കഥാപാത്രങ്ങളോ നിങ്ങളായിത്തീരുകയും അതിനോട് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്ത് നിങ്ങൾ അറിയാതെ അൺകോൺഷ്യസ് ആയിട്ട് അതുകൊണ്ടാണ് നോക്കുക നാട്ടിലെ ചെറുപ്പക്കാരെയൊക്കെ നോക്കൂ അപ്പൊ വന്ന സിനിമ എന്താണോ അതുപോലെയായിരിക്കും തലമുടി വളർത്തുന്നതും വസ്ത്രം ധരിക്കുന്നതും ഒക്കെ അൺകോൺഷ്യസ് ആയിട്ട് ഒരു രോഗമാണത് ദൃശ്യപദാർത്ഥങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ അധ്യാത്മമാർഗത്തിലും അതെ ഒരാചാര്യൻ വന്നാൽ അദ്ദേഹത്തിന് വല്ല കരിഷ്മ ഉണ്ടെങ്കിൽ അയാളുടെ വേഷം കെട്ടിയിട്ട് എല്ലാവരും നടക്കും അയാൾ എന്ത് വേഷം കെട്ടിയോ അതേപോലെ കിട്ടും ഒരു ഇമിറ്റേഷൻ ടെൻഡൻസി മനുഷ്യന്റെ ഉള്ളിലുണ്ട് അതെന്താ നമ്മൾ കാണുമ്പോൾ അവരെ അങ്ങനെ ഉള്ളിൽ ഒപ്പിയെടുക്കുകയാണെ ദൃശ്യപദാർത്ഥമാണവര് അവര് പുറത്ത് നിൽക്കുന്ന രൂപം നമ്മളുടെ ഉള്ളിൽ നമ്മളെ അറിയാതെ ഇഴുകിച്ചേരുകയും നമ്മൾ അവരാണെന്ന് നടിക്കുകയും പൗണ്ടരക വാസുദേവൻ എന്നാണ് ഭാഗവതത്തില് അദ്ദേഹം കൃഷ്ണനെ പോലെ ശങ്കൻ ചക്രും ഒക്കെ ആയിട്ട് നടന്നുവല്ലോ നീല പെയിന്റ് അടിച്ചു അത്ര അദ്ദേഹത്തിൽ മുഴുവൻ ഭാഗവത്ത് തന്നെ ഈ വ്യാധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് പൗണ്ട്രക വാസുദേവനെ ആളുകൾ ഉണ്ടാക്കിയതാ പാവം അദ്ദേഹത്തിന് ഈ രുഗ്മിണി സ്വയംഭരം കഴിഞ്ഞപ്പോൾ ആകെ പടം മൂഡ് ഓഫ് ആയി ഒരേ വിഷമത്തിലായി എന്താന്ന് വെച്ചാൽ മൂക്കിന് ചോട്ടെന്ന് ഈ യാദവച്ചക്കൻ ഇടയച്ചക്കൻ പെണ്ണിനെ അപഹരിച്ചുകൊണ്ട് പോയി അതുകൊണ്ട് ഇനിയിപ്പൊ നമ്മളൊക്കെ ക്ഷത്രിയന്മാരായി ഇരുന്നിട്ട് എന്ത് കാര്യം രാജാവ് ഭരിക്കണില്ല വളരെ സങ്കടത്തിലായി അപ്പൊ ഈ മന്ത്രിമാരൊക്കെ ആലോചിച്ചു നമ്മുടെ രാജാവിന് എങ്ങനെ ഒരു ബൂസ്റ്റ് കൊടുക്കുക അപ്പൊ ആരോ പറഞ്ഞു ഈ കൃഷ്ണനെ എല്ലാരും സാക്ഷാത് വാസുദേവൻ വാസുദേവ മതം പാതഞ്ച പാഞ്ചരാത്ര മതം അത് പ്രകാരം വാസുദേവനാണ് കൃഷ്ണൻ എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടാണ് ഈ കൃഷ്ണൻ ഇത്രയധികം ധൈര്യം അതുകൊണ്ട് നമ്മളുടെ രാജാവിനെ നമ്മൾ പതുക്കെ പ്രചരിപ്പിക്കാം ഇദ്ദേഹം വാസുദേവനാണെന്നും ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ പേര് വാസുദേവനാണല്ലോ അതുകൊണ്ട് വാസുദേവനാണെന്നും ഇദ്ദേഹമാണ് വാസ്തവത്തിന് വാസുദേവനെന്നും മറ്റേ ആൾ ഇമിറ്റേഷൻ ആണെന്നും നമ്മളിപ്പോൾ പറയണം അപ്പൊ നമ്മുടെ രാജാവ് വിശ്വസിക്കോ രാജാവിന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പാടില്ല നാട്ടിൽ എപ്പോഴും വിഡികളുണ്ടാവും പൊതുജനങ്ങളുടെ ഇടയിൽ അവരെ അടുത്ത് പറയാ അവരൊക്കെ വന്നിട്ട് രാജാവിനെ പൂജിച്ചു തുടങ്ങിയാൽ പതുക്കെ പതുക്കെ രാജാവ് വിശ്വസിക്കും അങ്ങനെ ആളുകളടുത്തൊക്കെ പ്രചരിപ്പിച്ചു അതിൽ കുറെ ആളുകളൊക്കെ വിശ്വസിച്ചു അവരെ അടുത്ത പഴവും പാലും ഊതുവത്തിയും ചന്ദനത്തിരിയും കർപ്പൂരവും വരികയും രാജാവിന്റെ മുമ്പിൽ വന്ന് ആരാധിക്കുകയും പാടുകയും ഭജന ചെയ്യുകയും ഭജന ചൊല്ലുകയും ഒക്കെ ചെയ്തു കൊറേ കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി പത്ര ആളുകൾ വെറുതെ പറയില്ലല്ലോ ഞാൻ വാസുദേവനായിരിക്കും അദ്ദേഹം പതുക്കെ അങ്ങനെ വേഷം കെട്ടുകയും ഇനിയിപ്പോ ആരോ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ വിട്ടാ പോരാ സുദർശന ചക്രവും വേണം എന്ന് പറഞ്ഞു തൽക്കാലത്തിന് ഭാവം അത് അദ്ദേഹം വീട്ടിലുള്ള സ്റ്റീൽ സമ്പടത്തിന്റെ അടപ്പൊക്കെ പിടിച്ചുകൊണ്ട് നടന്നു അതൊന്നും പോരാ വാസ്തവത്തിലുള്ള സുദർശന ചക്രം ഞാൻ വാസുദേവനായിരിക്കുമ്പോ ആ ഇടയച്ചക്കനെ ഈ എൻ്റെ സുദർശന ഈ ശംഖും ഗതയും വെക്കാൻ എന്ത് അധികാരം അതൊക്കെ ഇങ്ങോട്ട് തിരിച്ചു തരാൻ പറയണം എന്ന് പറഞ്ഞു ഒരാളെ സന്ദേശം അയച്ചു അപ്പോഴാണ് കൃഷ്ണൻ വരണത് ദാ ഗരുഡനെ ഞാൻ മുമ്പ് പിന്നെ തരാം ആ ഗതയും ചക്രവും ഒക്കെ പിടിച്ചോളും അന്ന് ഇട്ടു കൊടുത്തു അത് മോള് വന്ന് വീഴുമ്പോഴേക്കും തന്നെ ആള് ഖാലിയായി ഇതാണ് ഈ ഇമിറ്റേഷൻ നമ്മളെ അറിയാതെ ഭാഗവതത്തിൽ ഈ കഥ പറയാൻ കാരണം എന്താ വ്യാസൻ കാരണം ഇങ്ങനെ സംഭവിക്കുമെന്ന് വ്യാസനും അറിയാം നമ്മൾ എന്തിനേയും നമ്മളറിയാതെ നമ്മൾ ഇമിറ്റേഷൻ ചെയ്യും ഇമിറ്റേഷൻ എവിടെ ഉണ്ടോ അവിടെ ക്രിയേറ്റിവിറ്റി ഇല്ല ഒറിജിനാലിറ്റി ഇല്ല എന്നാണ് അർത്ഥം എന്തിലെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മഹാത്മാക്കളുടെ ബ്യൂട്ടി അവരുടെ സൗന്ദര്യം തന്നെ അവരുടെ ലിമിറ്റേഷനെ കാണില്ല ഒരാളെയും അവരനുകരിക്കില്ല അവര് കംപ്ലീറ്റ്ലി ഒറിജിനൽ ആയിരിക്കും അവരുടെ ഉള്ളിൽ അനുകരണം മനസ്സ് പോയാൽ തന്നെ ലക്ഷണം അതാണ് അനുകരണം ഉണ്ടാവില്ല മനസ്സ് പോയാൽ അവരെങ്ങനെ ഇരിക്കണമോ അതിൻ്റെ രീതിയിൽ ഇരിക്കും ഏതേത് സമ്പ്രദായത്തിൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കുമായിരിക്കും പക്ഷെ അനുകരണം ഉണ്ടാവില്ല വരുന്നു വെളിയിൽ എന്തെങ്കിലും കണ്ട് നമ്മൾ ഒപ്പിയെടുക്കുകയും അതായി മാറുകയും ചെയ്യുന്ന ഈ പ്രക്രിയയാണ് വൃത്തിസാരൂപ്യം എന്ന് പതഞ്ജലി പറഞ്ഞത് അതാണ് ബന്ധത്തിന് കാരണം ആരിൽ വൃത്തിസാരൂപ്യമില്ലയോ ആര് സ്വരൂപത്തിൽ ഇരിക്കുന്നവനോ അവൻ പ്രകൃതിയിലല്ല ഇരിക്കണത് സ്വരൂപത്തിലാണ് ചിലരൊക്കെ സിനിമ ആക്ടേഴ്സ് തന്നെ കുറെ കാല ആക്ടിങ് കഴിഞ്ഞാൽ അവരാ ആക്ടി അതായിക്കളയും എൻ ടി രാമറാവു കുറെ ദിവസം കുറെ പുരാണ കഥകളിലൊക്കെ വിഷ്ണുവായിട്ട് ആക്ട് ചെയ്തിട്ട് പിന്നെ രാഷ്ട്രീയത്തിൽ ജയിച്ചതും അയാളെ വിഷ്ണുവായിട്ട് ഒരു രഥം ദിവ്യ രഥമൊക്കെ വെച്ചുകൊണ്ട് നടന്നിട്ടാണ് അദ്ദേഹം മന്ത്രിയായത് ആക്ട് ആക്ടിങ് ചെയ്താൽ കുറെ കഴിയുമ്പോ അതാവും അതാണതാണെന്ന് തോന്നും പലർക്കും ഉണ്ടത് അധ്യാത്മ മണ്ഡലത്തിൽ ഏറ്റവും അധികം വ്യാപിച്ചിരിക്കുന്നത് ഈ രോഗം അധ്യാത്മ നമ്മളറിയാതെ ആളുകളുടെ ഒക്കെ അധ്യാത്മികതയാണ് ഏറ്റവും കൂടുതലുള്ളത് നമ്മളൊക്കെ പുറമേക്ക് ലൗകികന്മാരാണെങ്കിലും നമ്മൾക്ക് ഏറ്റവും അധികം ഏതോ പ്രബലമായ ആസക്തി ഉള്ളത് അത് നമ്മൾ ആക്ടിങ് നടത്തുക അധ്യാത്മമണ്ഡലം എല്ലാ ജീവനും സ്വരൂപേണ അധ്യാത്മമാണല്ലോ അതുകൊണ്ട് അധ്യാത്മ ഇതിന്റെ ആക്ടിംഗ് വളരെ പ്രബലമാണ് വളരെ കൂടുതലാണ് പലർക്കും പലതും തോന്നിയിട്ട് നടക്കുന്നുണ്ട്